ദാനങ്ങൾ ജക്കാത്ത് ദരിദ്രർക്കും അഗതികൾക്കും അത് ശേഖരിക്കുന്നവർക്കും ഹൃദയങ്ങൾ കൂട്ടിയിണക്കപ്പെടുന്നവർക്കും അടിമമോചനത്തിനും കടബാധ്യതയുള്ളവർക്കും അല്ലാഹു സുബഹാനുഹുവ ചായാലായുടെ മാർഗ്ഗത്തിലുള്ളവർക്കും വഴിപോക്കർക്കും വേണ്ടിയുള്ളതാണ് ഇതല്ലാഹു സുബഹാനഹുവചായ വിൽ നിന്നുള്ള നിർബന്ധമായ നിയമമാകുന്നു അള്ളാഹുസുബഹാനുഹുവ ചായാല എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു